യഥാശാസ്ത്ര വികാരണം വർണ്ണമേധാനം സാധനീ സർവകർമ്മം യഥാശാസ്ത്ര വികാരമോ ശാസ്ത്രമനുസരിച്ച് പ്രവർത്തിക്കുന്നു ഈ അദ്ദേഹത്തിൽ പ്രധാനമായും പറയുന്നു നമ്മു പറഞ്ഞത് പുരുഷന്റെ പ്രവൃത്തി ആവർത്തനവും പുതിയ കാര്യങ്ങളും ഇതിന്റെ ഒരു പ്രത്യേകത ഏതാണ് ഇങ്ങനെ ആവർത്തിക്കും ആശയങ്ങൾ ആവർത്തിക്കുന്നുണ്ട് കാര്യം അതിന്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പോകുന്നുണ്ടെങ്കിൽ യഥാശാസ്ത്ര ശാസ്ത്രത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവര് സർവകർമ്മങ്ങള് സാധനം സർവകർമ്മങ്ങളെയും സിദ്ധിക്കുന്നത് അവരുടെ പ്രവൃത്തിയാണ് പ്രവൃത്തിയുടെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞാൽ അതാണ് പോലു കർമ്മ പ്രവൃത്തി അവിടെ വിശേഷിച്ച് പറയുന്നത് എന്താണ് യഥാശാസ്ത്ര ശാസ്ത്രം അതിക്രമി യഥാശാസ്ത്രം ശാസ്ത്രത്തിനനുസരിച്ച് പ്രവൃത്തി കർമ്മങ്ങളെ ശ്രദ്ധിക്കുന്നത് ശാസ്ത്രം അതിന്റെ ഫലത്തെ കൊടുക്കുന്ന ശാസ്ത്രം ശാസ്ത്രത്തിൽ നിന്ന് കർമ്മബന്ധം എന്നറിയാൻ പറ്റും ശാസ്ത്രത്തിൽ നിന്ന് കർമ്മഫലത്തെ അറിയാൻ അതുകൊണ്ട് പ്രഥമം എന്ന് പറയുന്നത് ഈ ശാസ്ത്രങ്ങൾക്കനുസരിച്ച് ഉള്ള പ്രവൃത്തി അതാണ് മുഖ്യം ഒരു ഉദാഹരണം പറയും പണ്ണഭേദ പ്രഭാവഭേദങ്ങൾ നിറഭേദം ഈ നിറഭേദങ്ങൾക്ക് കാരണമെന്നാണ് പ്രഭയം വെളിച്ചമാണ് വെളിച്ചമുണ്ടെങ്കിൽ നമുക്ക് നിറഭേദങ്ങളെ അറിയാൻ പറ്റും പല നിറങ്ങളിലുള്ള ഒരു വസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ ആ സ്വന്തഭേദങ്ങളെ അറിയുന്നതിന് വിളിച്ച് അങ്ങനെ സഹായിക്കുന്നു അതുപോലെ ശാസ്ത്രമനുസരിച്ചുള്ള പ്രവർത്തികളാണ് തുടർന്നു വിശേഷം ഈ പ്രകടനം മുഴുവൻ ആവർത്തിച്ച് പറയും മനസ്സാവല്യെ യഥാശാസ്ത്രത്തിന് നമ്മൾ ഭക്തലീല സമോഹിനി അസൗ മതാ നാട്യസാദി മോഹിനി സന്ധ്യ പത്തലീക ഒൻപത്തരഷ്ട് ശാസ്ത്രത്തെ ആശ്രയി ദേവ കർമ്മങ്ങളെക്കുറിച്ച് പറയും മനസ്സാ വായിച്ചതി മനസ്സാ വായിച്ചതി പറയും തസ്മാാസ്ത്രം പ്രമാണം കാര്യകാര്യ വ്യവസ്ഥയോ അത് രീതിയിൽ പറയും ശാസ്ത്രമാണ് പ്രമാണം കാര്യാകാര്യ വ്യവസ്ഥയിലോ എന്ന് ചെയ്യണം എന്ന് ചെയ്യണ്ട എന്നുള്ളതിന് ശാസ്ത്രമാണ് പ്രമാണം അത് എൻ്റെ അടിസ്ഥാനത്തിലായി പറയുന്നത് മനസ്സിന്റെ ആഗ്രഹം കൊണ്ട് എന്തെങ്കിലും സാധിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കില്ല മനസ്സാ വാങ്ങിച്ചതേ യഥാശാസ്ത്രം എന്നാ കർമ്മനാ കർമ്മം കൊണ്ട് നേടുന്നില്ല ശാസ്ത്രം ശാസ്ത്രത്തിനനുസരിച്ചുള്ള കർമ്മം അതനുസരിച്ച് നേടുന്നില്ല എന്നാൽ മനസ്സാ വാങ്ങിച്ചെ ആഗ്രഹിക്കുന്നു എന്ന് കഴിഞ്ഞാൽ എന്താവും അത് ഭക്തരില്ല ഉന്മക്ത ജപോലും മോഹിനി മോഹിപ്പിക്കുക മാത്രമേ എന്നർത്ഥ സാധനിയും ആഗ്രഹമുള്ള അർത്ഥമൊന്നും സാധിക്കില്ലല്ലോ പുരുഷാർത്ഥമൊന്നും സിദ്ധിക്കത്തില്ല അപ്പോ ശാസ്ത്രമനുസരിച്ച് കർമ്മമനുസരിച്ച് ആണോ നേടേണ്ടത് അല്ലെങ്കിൽ അത് ഒരു ഉന്മത്തടിയാണ് അതൊന്നും ഇടയ്ക്ക് ഇല്ലാതെ ശാസ്ത്രീയമായ മാർഗത്തിലൂടെ വേണം ബലത്തെ ശ്രദ്ധിക്കുക എന്നാണ് യഥാശാസ്ത്രം കർമ്മണ സാധ്യത ശാസ്ത്രമനുസരിച്ച് കർമ്മത്തിലൂടെ സാധിക്കുന്നില്ല എന്നാൽ മനസ്സാ വായിച്ചില്ല മനസ്സും താത്രികയും അത് എന്താണ് മത്തൻ അസവും മത്തരേയ മോഹിനീ ന കർമ്മം കൊണ്ട് സാധിക്കണം കർമ്മം കൊണ്ട് സാധിച്ചിട്ടുണ്ട് അത് ഉന്നത്ത ജ്യേഷ്ഠയാണ് ഉന്നത്തെ ജ്യേഷ്ഠന്റെ ഭ്രാന്തന്മാരുടെ പ്രവൃത്തിമാരുടെ അതിന് പ്രത്യേകിച്ച് ഫലം ഉണ്ടാകുന്ന രംഗത്തിനെ യഥാസം എങ്ങനെ പ്രവർത്തിക്കുന്നു ഒരു തഥാകേന അനുഭവം അതിന്റെ ഫലമാണ് അതുപോലെ അനുഭവിക്കാ ഫലം അനുഭവം എന്നുവെച്ചാൽ ശാസ്ത്രം അനുസരിച്ച് പ്രവർത്തിച്ചാൽ ഫലം ശാസ്ത്രം പറഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കും എന്നറിയാം അന്യ വ്യതിരിക്ത അതും പറയുന്നതിന് സ്വകർമ്മ ഏവേലി അത് സ്വകർമ്മമായിരിക്കും സ്വകർമ്മ സ്വധർമ്മ എന്നൊക്കെ പറയുന്നത് സ്വകർമ്മമാണ് എന്നറിയും സ്വകർമ്മ ഏവേലി ഇത് കർമ്മമാണെന്നവൻ അറിഞ്ഞു പ്രവർത്തിക്കുന്നു ആ സ്ഥിതി സ്ഥിതി എന്നുള്ള കന്യാ വ്യതിക്കാൻ ദൈവം അതല്ലാതെ അതിലൊന്ന് ഭിന്നമായി ദൈവദൃക് എന്നുവെച്ചാൽ ഭാഗ്യം കൊണ്ടു കിട്ടുന്ന അങ്ങനെയൊന്നില്ല ദൈവം ദൃശ്യത്തെ ഭാഗ്യം പൂർവകർമ്മഫലം അങ്ങനെയൊന്നും ഒന്നില്ല അതിനെ തുടർന്നു വേദഭാഗത്ത് മുമ്പ് നിഷേധിച്ചും നിഷേധിക്കും പ്രവൃത്തിക്കനുസരിച്ചാണ് ഫലം സ്വകർമ്മം സ്വന്തം കർമ്മത്തിനനുസരിച്ചാണ് അതാണ് യഥാസമേത യാസമേതേ തഥാ അനുഭൂമിയതേ സ്വകർമ്മ ഏവേദിച്ച ആ സ്ഥിതി തന്റെ കർമ്മമാണെന്ന് കരുതുന്നു എന്നിട്ട് അവൻ എന്തെങ്കിലും പ്രവർത്തിക്കുന്നു അതിനുശേഷം നിലവുണ്ടാവും അല്ലെങ്കിൽ വ്യതിരിക്തമായിട്ട് അതല്ലാതെ വിധി ഭാഗ്യം ദൈവതൃക്കായിട്ടൊന്നുമില്ല ദൈവം ദൃശ്യത്തെ ഭാഗ്യം വിധി ജീവിതത്തിൽ അങ്ങനെ ഒന്നും കാണപ്പെടുന്നില്ല എല്ലാം പ്രവൃത്തിയാണ് അന്യ വിവരിക്കും ദൈവത്തിൽക്കുന്നുണ്ട് അതിന് ഭിന്നമായി ഭാഗ്യം നൽകുന്നതായിട്ടൊന്നുമില്ല കുശാസ്ത്രം ശാസ്ത്രീയ വിവിധം പൗരം അത്രാസ്ത്രം എന്നാണ് പരമാണുമായ ശാസ്ത്രം വീട് ശാസ്ത്രത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുക ശാസ്ത്ര ശാസ്ത്ര അനുസാരിയായി ദ്വിധം പുരുഷ അങ്ങനെ രണ്ടുതരത്തിലാണ് കർമ്മമുള്ളത് ഒന്ന് ശാസ്ത്രവിരുദ്ധമായിരിക്കും മറ്റൊന്ന് ശാസ്ത്ര അനുസാരികയായി ശാസ്ത്രം അനർത്ഥ ശാസ്ത്രവിരുദ്ധമായതെല്ലാം എന്താണ് അനർത്ഥമാണ് ശാസ്ത്രം ശാസ്ത്ര അനുസാരിയായിട്ടുള്ള പരമാർത്ഥം എന്ന് വെച്ചാല് ഫലത്ത് കൊടുക്കുന്ന അപ്പോ കർമ്മത്തെ ശാസ്ത്രവുമായി ബന്ധിപ്പിക്കുകയാണ് അതാണ് ഇവിടുത്തെ ഇതിന്റെ പ്രത്യേകത നമ്മുടെ ഗീതാസുലത്തെ ഉദ്ധരിച്ചത് ശാസ്ത്രമാണ് പ്രമാറയുന്നത് ഇവിടെ ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഇതിഹാസം പുരാണങ്ങളാണ് ശാസ്ത്ര ഇന്നുകൂടെ മനസ്സിലാക്കും അല്ലാതെ ഇന്നത്തെ മനുഷ്യന് എങ്ങനെ കർമ്മം ചെയ്യുന്നു സ്മൃതി ഇതിഹാസ പുരാണങ്ങളെ പറയും കർമ്മങ്ങൾ ഇന്നത്തെ മനുഷ്യന്റെ അന്നത്തെ ജീവിതത്തിലെ കർമ്മങ്ങളായിട്ടുള്ളൊരു ബന്ധമുണ്ട് ആ ശാസ്ത്രത്തിന്റെ വിധികളനുസരിച്ചിരുന്നു അല്ല ഇന്നും മനുഷ്യൻ കർമ്മം ശാസ്ത്രം ശാസ്ത്ര ബിരുദ്ധം എന്ന് പറഞ്ഞപ്പോൾ ഉദ്ദേശിക്കുന്ന ആ ധർമ്മത്തെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത് ധർമ്മത്തെ അധർമ്മവും ധർമ്മവും ുഷ്യൻ തീരുമാനിക്കുന്നതും സ്മൃതി ഇതിഹാസ പുരാണങ്ങളും നോക്കിയിട്ട് ഇത് എഴുതിയ കാലത്ത് അങ്ങനെയൊക്കെ വേണമെന്നും ചടിച്ചിരുന്നു അങ്ങനെ ആണെന്ന് പറയാൻ പറ്റില്ല ഇന്നങ്ങനെ കർമ്മങ്ങൾ വന്നു കർമ്മങ്ങൾക്ക് മനുഷ്യർക്ക് പോകുന്നു അന്നത്തെ കർമ്മങ്ങളും ഇന്നത്തെ കർമ്മങ്ങൾ പ്രധാനമായ വ്യത്യാസം എന്താണ് എന്ന് പറയുന്നത് വർണ്ണ ആശ്രമ നിയമങ്ങൾക്ക് അനുസരിച്ചാണ് അന്ന് കർമ്മങ്ങൾ ഓരോ വർണ്ണത്തിന്റെയും ഓരോ ജാതിയുടെയും അതിനനുസരിച്ച് വിധാശ്രമങ്ങൾക്കനുസരിച്ച് വിധി നിഷേധങ്ങൾക്കനുസരിച്ചാണ് വിധിയെ പിന്തുടർന്ന അവൻ ധാർമ്മികം ഇന്ന വർണ്ണത്തിന് ഇന്ന ഇന്ന കർമ്മം ഉണ്ടാവില്ല അത് ചെയ്താലും ധാർമ്മിക അല്ലാതെ മറ്റൊരു വർണ്ണത്തിന്റെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അവൻ അധാർമ്മിക അതാണ് അന്നത്തെ നിയമം അത് ഈ വരുന്ന ഭാഗങ്ങളും പറയും അപ്പൊ ഇന്ന് മനുഷ്യൻ പ്രവർത്തിക്കുന്നത് അതൊന്നും അതുകൊണ്ട് ഈ പറയുന്നതിനും ഇന്ന് വിശേഷിച്ച് പ്രസക്തി ഇന്ന് മനുഷ്യൻ പ്രവർത്തിക്കുന്നത് എന്താണോ ഒന്ന് അവന്റെ പ്രവൃത്തി അവന്റെ പ്രവൃത്തി ഇന്നത്തെ രീതിയിൽ പറഞ്ഞു ഇന്നത്തെ നിയമത്തെ അനുസരിച്ചില്ലായിരുന്നു നിയമവിധേയമായ പ്രവൃത്തിയാണെങ്കിൽ പഴയ രീതിയിലെ ധർമ്മം അധർമ്മമെന്ന് പറയുന്ന വിശേഷിച്ച് അർത്ഥമൊന്നും നിയമവിധേയമായ പ്രവൃത്തി ഏതായാലും ശരിയായ പ്രവൃത്തി സത്പ്രവൃത്തി ദൈവവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ദുഷ്പ്രവൃത്തി ഇത്രയൊന്നും പറയാൻ പറ്റില്ല പിന്നെ പഴയതുപോലെ എന്താണ് കർമ്മം ഒരാൾക്ക് വേണ്ടി വിധിക്കുന്നു അവൻ എന്ന കർമ്മം ചെയ്യണോ അങ്ങനെ വിധിയനുസരിച്ചല്ല കർമ്മ കർമ്മം എന്ന് പറഞ്ഞാൽ കഴിയുമെങ്കിൽ അവൻ്റെ തിരഞ്ഞെടുപ്പാണ് അവന് ഇഷ്ടമുള്ള കർമ്മം അവന് പറ്റുമെങ്കിൽ കഴിയുമെങ്കിൽ തെരഞ്ഞെടുപ്പ് കണ്ടതു പറ്റത്തില്ല വിധിക്കനുസരിച്ച് അവന് കർമ്മം ശാസ്ത്രം ശാസ്ത്രം എന്ന് പറഞ്ഞ് ഇന്നും പലതെ ഒരു ആ ശാസ്ത്രങ്ങൾക്കൊന്നും എനിക്ക് യാതൊരു വിലയില്ല ഒരു മൂല്യവും രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയൊക്കെ പിന്നെ ധർമ്മം അധർമ്മം എന്നൊക്കെ പറയുന്നത് ഇന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിലും ആ ടേബുകളൊക്കെ കഴിച്ച് മനസ്സിലാക്കണമെങ്കിലും അതിനും ഒരർത്ഥം എഴുതും എന്താണ് നിയമവിധേയമായി പ്രവർത്തിക്കുക നിയമവിരുദ്ധമായി ഒന്നും പ്രവർത്തിക്കുക എത്രയുള്ളൂ അർത്ഥം അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ധാർമ്മികര നിയമവിധേയമായി പ്രവർത്തിക്കുന്നു ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടോ ഈ നിയമവിധേയമായി പ്രവർത്തി ആരെങ്കിലും കണ്ടിട്ടുണ്ട് ഉണ്ടോ എങ്ങനെ അത് ഞാൻ ചോദിച്ചാൽ അതല്ല നിങ്ങൾ ഒഴുക്കിനനുസരിച്ച് പോകുന്നുമില്ലേ എന്നുള്ളതല്ല നിയമവിധേയമായി പ്രവർത്തിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ ഏ അല്ല ഏഅങ്ങനെ നിയമവിധേയമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ധാർമ്മികം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ധർമ്മം എന്താണ് നിയമം ഇന്നത്തെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ് നമ്മളൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിൽ നിലനിൽക്കുന്ന എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങളാണ് ധർമ്മം എന്ന് പറയുന്നത് അത് എന്താണ് എപ്പോഴും പരിഷ്കരിക്കപ്പെടുന്ന നിയമങ്ങൾ ദിനം പ്രതി പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന നിയമങ്ങൾ കാരണം നിയമങ്ങളെന്ന് പറയുന്നുണ്ടാകുന്ന എന്താണ് ഏതെങ്കിലും പ്രത്യേകിച്ച് വിഭാഗങ്ങൾക്ക് വേണ്ടിയോ ജാതിക്ക് വേണ്ടിയിട്ടുള്ള സമൂഹത്തെ മൊത്തം കണക്കിലെടുത്തിട്ടാണ് പഴയതുപോലെ പുരുഷന് വേറെ നിയമം സ്ത്രീക്ക് വേറെ നിയമം അങ്ങനെയല്ല സമൂഹത്തിൻ്റെ മൊത്തം ക്ഷേമം കണക്കിലെടുത്തുകൊണ്ടാണ് നിയമം ഉണ്ടാകുന്നത് പക്ഷേ നിയമം പ്രയോഗിക്കുമ്പോൾ അതിന് പല അപാതകളും അനുഭവപ്പെടും അപ്പോൾ എന്ത് ആ നിയമം പരിഷ്കരിക്കും അങ്ങനെ നിരന്തരം പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായി ജീവിക്കുന്നതാണ് അതിനു വേണമെങ്കിൽ നമുക്ക് വേറെ ഇന്നത്തെ ധാർമ്മികത അപ്പോൾ അങ്ങനെ ജീവിക്കാൻ കഴിയില്ല എന്നാണെങ്കിൽ എന്തിൻ്റെ കുഴപ്പം അത് ആ വ്യക്തിയുടെ കുഴപ്പമാണോ അതോ നിയമത്തിൻ്റെ കുഴപ്പമാണോ എന്താണോ നിയമത്തിന്റെ കുഴപ്പമാണെങ്കിൽ എന്ത് ചെയ്യും അത് മനസ്സിലാക്കുമ്പം അതിനെ പരിഹരിച്ചുകൊണ്ട് വ്യക്തിയുടെ കുഴപ്പമാണെങ്കിൽ വ്യക്തി മാറും വ്യക്തി നിയമത്തിനനുസരിച്ച് മാറിയ വ്യക്തിയിൽ സ്വയം പരിഷ്കാരം ഏർപ്പെടുത്തും വ്യക്തി സ്വയം തന്നെ മാറണം അപ്പൊ പിന്നെ ഇവിടെ പരാജയം എന്ന് പറയുന്നു അങ്ങനെ ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാവരും നിയമലംഘനത്തിലൂടെയാണ് ജീവിക്കുന്നത് അതോ നിയമത്തെ അനുസരിച്ചാണ് റോഡിന്റെ കാര്യങ്ങള ലംഘനങ്ങളാണ് നമ്മൾ കാണുന്നത് നമ്മൾ ചെയ്യുന്നതോ എന്താ നമ്മൾ നിയമലംഘനം ചെയ്യാറില്ല അത് ഈ പറഞ്ഞൊരു വാസ്തവം നമ്മൾ നിയമലംഘനങ്ങളിലൂടെയാണ് പലപ്പോഴും എപ്പോഴും അല്ലെങ്കിൽ പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ എന്താ നിയമലംഘനത്തിലൂടെയാണ് നമ്മളോട്ട് പോകുന്നത് മനുഷ്യ സമൂഹവും നിയമത്തെ ലംഘിക്കുന്നത് അപ്പോ അത് നിയമത്തെ ലംഘിക്കുന്നു പറഞ്ഞു ഈ നിയമലംഘനം ചിലപ്പോ വേണ്ടിയാണ് ഇപ്പൊ മഹാത്മാഗാന്ധി നിയമലംഘനത്തിലൂടെയാണ് സ്വാതന്ത്ര്യത്വം നേടിയത് അല്ലേ അപ്പൊ നിയമലംഘനം മോശം എന്ന് പറയാൻ പറ്റും നിയമലംഘനം ഇപ്പോഴും മോശമാണ് എന്തല്ലെങ്കിൽ അതായത് സമരം അതങ്ങനല്ല എന്താണ് അതിനെക്കുറിച്ച് നമുക്ക് ശരിക്കുള്ള ബോധം കിട്ടും നമ്മള് എന്താണ് ഒരു രാജ്യത്തിൻ്റെ പൗരന്മാരായിരിക്കുമ്പോൾ നമ്മൾ അനുസരിക്കാൻ ബാധ്യതയുള്ള നിയമങ്ങളുണ്ട് അനുസരിക്കാൻ ബാധ്യതയുള്ളവർ പൗരനാണെങ്കിൽ അതനുസരിച്ചേ പറ്റും അത്തരം നിയമങ്ങളെ നമ്മൾ ലംഘിക്കാൻ പാടില്ല ലംഘിച്ചാൽ എന്ത് സംഭവിക്കും നമ്മൾ ശിക്ഷാർഹരാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ നിയമത്തെ ലംഘിക്കുമ്പോൾ നമ്മൾ ശിക്ഷ നമ്മൾ നിയമത്തെ ലംഘിക്കുമ്പോൾ നമ്മൾ രഹസ്യമായ നിയമങ്ങളെ ലംഘിക്കും രഹസ്യമായിട്ട് പരസ്യമായിട്ട് നമ്മൾ നിയമവ്യവസ്ഥ വിശ്വസിക്കുന്നവരും അപ്പൊ നമ്മുടെ ജീവിതത്തിൽ രണ്ട് മുഖം ഇപ്പോഴുണ്ടാവും എന്താണ് രണ്ട് മുഖം രണ്ട് മുഖങ്ങളിൽ നിന്ന് എവിടെയെങ്കിലും നിയമലംഘനം കണ്ടുകഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കും അപ്പം നമ്മുടെ ധാർമ്മിക ലോഷം കൊണ്ടറന്ന് വരും ആ നിങ്ങൾ നിയമത്തെ ലംഘിക്കുന്നു പക്ഷെ നമ്മൾ രഹസ്യമായി നിയമന്റെ ലംഘിക്കുന്നത് ഇങ്ങനെ ഒരു ഡബിൾ റോഡിലാണ് ഈ രണ്ടിനെ കുറിച്ചും ബോധം വേണ്ടത് നിയമത്തെ ലംഘിക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ നിലപിക്കുമ്പോൾ നമ്മൾ നിയമ ലംഘനത്തിനെതിരായി നമ്മൾ രോഷം കൊള്ളുന്ന കാര്യങ്ങളും മറക്കരുത് ഇങ്ങനെ ഒരു നമ്മൾ ജീവിക്കുന്നത് അപ്പം നിയമലംഘനത്തെ കണ്ടിട്ട് നമുക്കിത് നിയമലംഘനം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം നിയമത്തെ ലംഘിക്കാതെ ജീവിക്കാൻ ശ്രമിക്കും അത് നമ്മുടെ ധാർമ്മികത അപ്പോൾ പഴയകാലത്ത് ധർമ്മത്തെക്കുറിച്ച് പഴയകാലത്ത് പ്രചരിപ്പിച്ചിരുന്ന എല്ലാം നമ്മുടെ എല്ലാ ശാസ്ത്രവും എന്താണ് ധർമ്മം എന്ന് പറയുന്നത് വർണ്ണം ആശ്രമം ധർമ്മം അതാണ് ധർമ്മമൊന്നും വേറെ ധർമ്മമൊന്നുമില്ല വരണധർമ്മങ്ങളും എല്ലാ അതിലും ഉൾപ്പെടും ജാതി ധർമ്മങ്ങളും ആശ്രമധർമ്മങ്ങളുമായിരുന്നു പറഞ്ഞിരുന്നു അത് ആൾക്കാർ പ്രചരിപ്പിച്ചിരുന്നു മറ്റുള്ളവരെ കൊണ്ടത് അവരെ അന്നത്തെ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് അത് രാജാക്കന്മാരാണ് നടപ്പിലാക്കി അവർക്ക് പോലീസും പട്ടാളം ഉണ്ടായിരുന്നു ജനങ്ങൾ വ്യവസ്ഥ പാൽമീ രാമായണവും ഒക്കെ എടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാം മഹാഭാരതത്തിലോ രാജധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് ജനങ്ങൾ വർണ്ണ ആശ്രമ വ്യവസ്ഥയെ ലംഘിക്കുന്നുവോ ലംഘിക്കുന്നുണ്ടെങ്കിൽ അവിടെ ദണ്ഡനീതി നടപ്പിലാക്കണം ശിക്ഷ നടപ്പിലാക്കണമെന്ന് അല്ല ജനങ്ങളെ സ്വതന്ത്രമായിട്ട് വിടുകയല്ല ഇതൊക്കെ ഇഷ്ടം പോലെ ചെയ്യാം ഇന്നത്തെ വ്യവസ്ഥയിലും അത് തന്നെയാണ് നിങ്ങൾ ജനങ്ങൾ എന്ത് ചെയ്യണം ഒരു രാജ്യത്തെ പുറണെങ്കിൽ അവൾക്ക് നിയമവ്യവസ്ഥയെ അനുസരിച്ച് ജീവിക്കണം അപ്പോൾ നമ്മൾ പറയുന്നു ഓ നിയമവ്യവസ്ഥ അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമുള്ളൂ മുമ്പോട്ട് പോകാൻ പറ്റില്ല മത്സരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ നിയമവ്യവസ്ഥയെ ലംഘിക്കുന്നതിൻ്റെ ശിക്ഷകൾ ഏറ്റവും അംഗം തരാം കാരണം നിയമവ്യവസ്ഥ ലംഘിച്ച അവിടെ ശിക്ഷയുണ്ട് ആ ശിക്ഷകൾ എൻ്റെ ആയിട്ട് വാങ്ങാൻ തയ്യാറാണ് അതിനോടൊത്തരം പറയും പറ്റോ അവിടെ നമ്മൾ ഒളിച്ചു കളിക്കുക എന്താണോ നമ്മൾ രഹസ്യമായി നിയമല്ലെങ്കിൽ പരസ്യമായി നമ്മൾ ധർമ്മത്തെ ബോധിപ്പിക്കും ആണോ അല്ലെ അതാണ് അവിടെ നമ്മൾ ആഗ്രഹിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്താണ് ലോകത്ത് ധർമ്മം പുലരണം എല്ലാവരും എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ സൗകര്യം കിട്ടുന്നിടത്തെല്ലാം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ധർമ്മത്തെ ഉന്നി അപ്പൊ ഇതിനൊരു പരിഹാരമേ ഉള്ളൂ ഒരൊറ്റ പരിഹാരം എന്താണ് കുറഞ്ഞ പക്ഷം നമ്മൾ ധർമ്മത്തെ ആരെയും ബോധിപ്പിക്കാതിരിക്കില്ല അത് ചെയ്യാൻ പറ്റും ലോകത്തിനത് വലിയൊരു ഉപകാരമില്ല മനസ്സിലായി വ്യാജമായ ധർമ്മപ്രബോധനം നടത്താതിരിക്കുക കാരണം നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഞാനങ്ങോട്ടാണ് ധർമ്മപ്രബോധനത്തിന് പോകാതെ ഞാൻ ഓരിടത്തും സമൂഹത്തിൽ നിന്ന് പോയി ധർമ്മപ്രബോധനം നടത്താറുണ്ട് എങ്ങനെ അവർ മറ്റുള്ളവരും പറഞ്ഞിട്ടാണോ നമ്മൾ ധർമ്മത്തിലായിരിക്കുന്നത് പിന്നെ പിന്നെ പറയുന്നത് നമ്മൾ ധർമ്മം ആചരിക്കുന്നത് മറ്റുള്ളവർ പറഞ്ഞിട്ടാണോ ഞാൻ സമ്മതിച്ചു അപ്പൊ നമ്മൾ ധർമ്മത്തെ ലംഘിക്കുന്നുണ്ടോ അത് ആരെങ്കിലും പറഞ്ഞിട്ടാണോ അല്ല നമ്മുടെ കാര്യം പറയും ജനങ്ങളുടെ കാര്യം എങ്ങനെയാകും ആ അപ്പം നമ്മൾ ധർമ്മത്തെ പാലിക്കുന്നത് മറ്റുള്ളവർ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ സമ്മതിച്ചു അപ്പോ ഉടനെ അടുത്ത ചോദ്യം വരും നമ്മൾ ധർമ്മത്തെ ലംഘിക്കുന്നത് നമ്മളോട് ആരെങ്കിലും പറഞ്ഞിട്ടോ അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ നൂറ് ശതമാനം നൂറ് ശതമാനക്കണക്കേ പറഞ്ഞിട്ടുണ്ട് അതെ ഞാൻ പറയാത്തത് ഞാൻ പറഞ്ഞെന്ന് പറയാം നമ്മൾ ധർമ്മത്തെ ധർമ്മമനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം പക്ഷെ നമ്മൾ ധർമ്മത്തെ ലംഘിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു ന്യായീകരണമെങ്കിൽ അത് ന്യായീകരിക്കാൻ ശ്രമിക്കരുത് അതാണ് ധർമ്മം അതിന് എന്ത് മനസാക്ഷി പണയം വയ്ക്കേണ്ടി അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് അറിവില്ലാത്തതുകൊണ്ടാണോ നമ്മൾ ഏ ആ അങ്ങനെ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് കാരണം നമുക്ക് ജനങ്ങളെ ധർമ്മത്തെ ബോധിപ്പിക്കാം നമുക്ക് അത് ഉല്ലംഘിക്കുകയും ചെയ്യാം എന്ന് നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയാണ് പ്രതികൂട്ടലാകുന്നത് അങ്ങനെ ഒരു സാധനമുണ്ടോ ധർമ്മത്തെ ഉല്ലംഘിച്ചുകൊണ്ട് നമുക്ക് ധർമ്മത്തെ ബോധിപ്പിക്കാൻ പറ്റും എനിക്കൊരു തർക്കമില്ല നിങ്ങൾക്ക് തർക്കിക്കാം ആ പ്രായോഗികതയാണ് നിങ്ങൾ പറയുന്നത് ധർമ്മത്തെ അനുഷ്ഠിക്കുന്നത് പോലെ തന്നെ പ്രായോഗികമാണ് ധർമ്മത്തെ ഉല്ലംഘിക്കുന്നത് ഞാൻ പറയുമ്പോ എവിടെയൊക്കെ കയറി കൊള്ളുന്നുണ്ട് അല്ലേ എപ്പോഴെയൊക്കെ കരു സൂചി കൊത്തും പോലെ കൊത്തുന്നുണ്ട് അതാണ് മനസ്സിലാക്കുന്നത് അതിവിടെയാണോ ചെന്ന് പുറത്തുന്നത് അതിനെയാണ് മനസ്സാക്ഷികൾ ധർമ്മം പ്രചരിപ്പിക്കുന്നതിൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ധർമ്മത്തെ അല്ലെങ്കിൽ നിങ്ങൾ ധർമ്മത്തെ പ്രചരിപ്പിക്കാൻ ഇറങ്ങരുത് അതിനെ നിഷേധിക്കാൻ ഇറങ്ങില്ല നിങ്ങൾ ജീവിക്കുക ഈ ലോകത്ത് മറ്റുള്ളവരെ പോലെ കുറേ ധർമ്മങ്ങളനുസരിച്ച് കുറേ ധർമ്മങ്ങളെ ലംഘിച്ച് ജീവിക്കുക അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളെ തന്നെയാകുമ്പോൾ എന്നെക്കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ധർമ്മത്തെ പ്രചരിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ധാർമ്മികനായും പറ്റും ധർമ്മപ്രചാരകനാവും അല്ലെങ്കിൽ നമുക്ക് ലോകത്ത് ജീവിക്കാം നമ്മൾ അങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കാതിരിക്കുക എന്നൊന്നാണ് നമ്മൾ ധർമ്മപ്രചാരകരായി നമ്മൾ ഭാവപ്പകർച്ചകളൊക്കെ വരുത്തുകയാണ് വേഷം മാറിയുണ്ട് നമ്മൾ ധർമ്മത്തിന്റെ സംരക്ഷകനാണ് നമ്മൾ എന്താണ് ഏതുപോലെ മധ്യവർജന സമിതിയുടെ പ്രസിഡന്റാണ് മദ്യം മുതലാളി കേട്ടിട്ടുണ്ട് ഇപ്പം പുള്ളി തന്നെയാണ് മധ്യവർജന സമിതിയുടെ പ്രസിഡന്റ് പുള്ളി തന്നെയാണ് മദ്യത്തിന്റെ മുതലാളി രണ്ടും കൂടെ ഒത്തുപോകുമെന്ന് കരുതുന്നുണ്ടാക്കലും ശരി നമ്മുടെ വീഴ്ചകളെ നമ്മുടെ പോരായ്മകളെ നമ്മൾ ന്യായീകരിച്ചിട്ട് ന്യായീകരിക്കുന്നതാണ് ഞങ്ങളുടെ പ്രായോഗികത എന്ന് പറയുന്നത് സ്വന്തം മനസാക്ഷിക്ക് വിരുദ്ധമായി ഒക്കെ നമുക്ക് രണ്ടും ചെയ്യാതിരിക്കാം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറ്റുന്ന ധർമ്മങ്ങൾ അത് ഈ ധർമ്മ ലംഘനം എന്ന് പറയുന്നത് ധർമ്മം എന്ന് പറയുന്ന നിയമമെന്ന് മനസ്സിലാക്കും നിയമലംഘനം എന്ന് പറയുമ്പോ ഏത് നിയമം ലംഘിച്ചാലും നമുക്കതിന് ശിക്ഷയുണ്ട് അതുകൊണ്ട് മനസ്സിലാക്കാം നിങ്ങൾ ശിക്ഷയും വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ധർമ്മപ്രചരണം നടന്നൊക്കത്തില്ല ഒരു ഭാഗത്ത് നിങ്ങൾ അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് എപ്പോഴും നമ്മുടെ നിയമലംഘനങ്ങളെ ഒളിപ്പിച്ചു വെച്ച് മാത്രമേ നമുക്ക് ധർമ്മപ്രവോധനം നടത്താൻ പറ്റൂ എന്തുകൊണ്ട് ശിക്ഷ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല അവിടെയാണ് കുഴപ്പം ഇതിന്റെ യാതൊരു ആശയക്കുഴപ്പമില്ല ഇതിന്റെ യാതൊരു എന്താണ് ഇതൊരു പ്രായോഗികതയില്ല നമ്മൾ കാര്യങ്ങളിൽ തെറ്റായി ധരിച്ചിരിക്കുന്നോണ്ട് വരുന്ന പ്രശ്നമാണ് അല്ലാതെ ഇപ്പോൾ നിസ്സാരമായൊരു കാര്യമല്ല നമ്മുടെ രാജ്യത്തിരിക്കുന്ന നിയമങ്ങളെ നമ്മൾ ലംഘിക്കുക എന്ന് പറഞ്ഞു അതൊരു കുറ്റകൃത്യമാണ് നമുക്ക് അത് ശിക്ഷ ഉള്ളതാണ് ഉറപ്പാണ് പക്ഷെ നമ്മളെന്ത് ചെയ്യുന്നു ഒരു കുറച്ച് മുമ്പ് നടന്നൊരു സംഭവം ഞാൻ പറയാം ഞാനൊരു കടയിൽ ഒരു പ്ലംബിങ്ങിന്റെ സാധനം എന്റെ കൂടെ ഇവിടെ നിന്നൊരാളും ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കയറിയിട്ടിറങ്ങുമ്പോ അവിടെ വേറൊരാൾ കടക്കാരിലായിട്ട് വഴക്കുണ്ടാക്കണം എന്താണ് വേറൊരാളവിടെ നിന്ന് ഇറങ്ങിപ്പോയി അപ്പോ ഇറങ്ങിപ്പോയ ആള് അവിടെ സംഭാഷണത്തിന് മനസ്സിലായത് ഒരു അച്ഛനാണ് ഇറങ്ങിപ്പോയത് പുരോയിൽ അവിടെ പുരോഹിതന്മാരെന്നൊരാൾ ഉള്ള സ്ഥലം പള്ളിയിലെ അപ്പൊ അവിടെ വന്നു നിന്നയാള് ഒരു എലക്ട്രീഷ്യൻ അയാൾ വഴക്കുണ്ടാക്കി എന്താണ് ഈ കടക്കാരനൊരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം അതിന് വിലക്കുറവാണ് അപ്പൊ ഇയാൾക്കറിയാം തൻ ശേഷി അയാൾ പറഞ്ഞു ഇത് ഡ്യൂപ്ലിക്കേറ്റാണ് ഇതെനിക്ക് വേണ്ടത് അപ്പൊ ഈ അച്ഛൻ എന്താണ് ഉപദേശിയാണല്ലോ ഉപദേശിക്കാൻ അവസരം അയാൾ കടക്കാൻ നിങ്ങൾ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം എടുത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അത് പോലീസ് പിടിച്ച പ്രശ്നമാണ് ഇത് അറിയാത്തവരൊന്നും വാങ്ങിച്ചുകൊണ്ടായാലും നമ്മൾ അവരെ ചതിക്കുകയാണ് അതാണ് ഇയാളൊരു കർമ്മോപദേശം അയാളോട് ആരും ഒന്നും പറഞ്ഞില്ലെന്നോ അയാൾ ഇറങ്ങിപ്പോ ചെല്ലുന്ന ഒരു കാവ്യക്കാരനാണ് അപ്പൊ ഇവന്റെ ധാർമ്മിക രോഷം അവിടെ നിന്ന് മുഴുവൻ എന്റെ കയ്യിലെടുത്തത് ഒരുപക്ഷെ അച്ഛൻ്റെ പേടിയായിരിക്കും നമ്മളെ ആർക്കും പേടിക്കുന്ന ആയിരിക്കും അയാ അച്ഛനെ പറയുന്നു പറയുന്ന എന്നെ കൂടെ ചേർക്കാം ഞാനാരാണ് കളിയത് ഇയാളുടെ സ്ഥാപനത്തിൽ അയാൾ എന്തൊക്കെ ധാർമ്മിക അധർമ്മ പ്രവർത്തികളാണ് ചെയ്യുന്നത് എന്നിട്ട് വന്നിട്ട് നമ്മൾ ഉപദേശിക്കും ധർമ്മം ചെയ്യണോ എന്ന് പറഞ്ഞൊരു ഫയറിംഗ് ഇടയ്ക്കിടയ്ക്ക് എന്നെയും നോക്കും ഞാനല്ല അപ്പൊ ഈ അച്ഛൻ നിയമം ലംഘിക്കുന്നു എന്നുള്ളത് ഈ കടക്കാരനറിയാം ഈ ഇലക്ട്രീഷ്യൻ അറിയാം അപ്പോ നിയമലംഘനം എന്ന് പറയുമ്പോൾ ആര് ചെയ്താലും അവനെ അറിയൂ രഹസ്യമായിട്ട് ധ്യാപിക്കും പക്ഷേ നിയമലംഘനം ചെയ്തിട്ട് നമ്മളെന്തെങ്കിലും ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നു അതൊരു പ്രത്യേക സാമർഥ്യം തന്നെ ഇത് രണ്ടും കൂടെ ചെയ്തുകൊണ്ട് നമുക്കൊരിക്കലും ധർമ്മത്തെ ബോധിപ്പിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറയും അതിന്റെ വ്യക്തമായ അഭിപ്രായം തന്നെയാണ് അല്ലെങ്കിൽ അല്ലെന്ന് തെളിയിക്കട്ടെ അങ്ങനെ മറിച്ചാണ് കാരണം എന്തുകൊണ്ട് രാജ്യത്തെ നിയമവ്യവസ്ഥയുണ്ട് അത് ലഘത്താൻ ശിക്ഷയുണ്ട് ഞാനും ഞാൻ കുടിവാളി ശിക്ഷന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോ എനിക്ക് ധാർമ്മികമായി ഉപദേശം ചെയ്യാനുള്ള റൈറ്റ് അവകാശം ഞാൻ ധാർമ്മികമായി ഉപദേശം കൊണ്ടു ആരോടും ചെയ്യാറ് കാരണം ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടയാളാണ് ഞാൻ ഞാൻ ഇങ്ങനെ ധാർമ്മിക ഉപദേശിച്ചു അതല്ല ശരിയെന്നും ബോധ്യം മനസാക്ഷിയമെന്ന് നമുക്ക് ചിന്തിച്ചിട്ടുണ്ട് ആർക്കൊന്നും പറയാം അതാണ് ഇന്നത്തെ ശാസ്ത്രം നമ്മുടെ ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പഴയ ശാസ്ത്രങ്ങളിലേക്ക് പോകരുത് അർത്ഥശൂന്യമാണ് അതിൽ കാര്യം ഇന്നത്തെ ശാസ്ത്രത്തിന് നമ്മൾ ജീവിക്കുന്ന ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്ന ഒരു രാജ്യത്തിന്റെ നിയമവ്യവസ്ഥതയാണ് ആ വ്യവസ്ഥതി ലഭിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ശിക്ഷയ്ക്ക് നമ്മൾ അർഹരാണ് പക്ഷേ ശിക്ഷ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടേ നിയമലംഘനങ്ങളെല്ലാം ഒരു രഹസ്യമാണ് അതുകൊണ്ട് എന്താണ് നമുക്കങ്ങനെ പ്രത്യേകിച്ച് ലോകത്താരും ഒരു ലൈസൻസ് തന്നിട്ടില്ല എന്തിന് ധർമ്മത്തെ ഉദ്ബോധിപ്പിക്കാൻ നമ്മൾ സിനിമ ഏറ്റെടുക്കുന്ന നമ്മുടെ ധാർമ്മികരാഗങ്ങളുടെ അഭാവത്ത് ധാർമ്മികരാണെങ്കിൽ അത് ബോധിപ്പിക്കാം പക്ഷെ നമ്മൾ ധർമ്മത്തെ ലംഘിക്കുന്ന ഒരാകെ അത് വളരെ അടിസ്ഥാനപരമായി ധർമ്മത്തെക്കുറിച്ച് നമുക്ക് പറയാം അതും കുഴപ്പമൊന്നും പക്ഷേ നമ്മൾ ധർമ്മ പ്രബോധകരാകാൻ പറ്റത്തില്ല ലംഘിച്ചുകൊണ്ടതല്ല ഒരാളുണ്ടല്ലോ ഗോവിന്ദച്ചവാമി എന്ന് കേട്ടിട്ടില്ല അയാൾക്ക് പറയാം ബലാസംഗം തെറ്റാണ് പറയുന്നതിന് കുഴപ്പമില്ല അയാൾ പറഞ്ഞാൽ അത് തെറ്റാണല്ലോ അത് പറയാം അത് അയാള് അതിന്റെ പ്രചാരകനായി നടന്നു കഴിഞ്ഞാൽ ശരിയാവും അവിടെയാണ് മനസ്സിലൂടെ ഞാൻ വ്യക്തമായി പറയുന്നു പറയാർക്കും നമുക്കും പറയാം നമുക്ക് പ്രചാരണം പറ്റണമെങ്കിൽ ചെയ്യണം നമ്മൾ നിയമവ്യവസ്ഥകൾ അനുസരിച്ച് തന്നെ ജീവിക്കും ഇന്നത്തെ അല്ല നമുക്കനുസരിക്കാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ശരി നമുക്ക് നിയമവ്യവസ്ഥകൾ തെറ്റിക്കുന്നു നമ്മൾ ധർമ്മത്തെ ബോധിപ്പിക്കാൻ പോകുന്ന അത്രേങ്കിലും ചെയ്യാൻ പറ്റും അതാണ് ഞാൻ പറയുന്നത് ഞാൻ ധർമ്മത്തെ ബോധിപ്പിക്കാരും പോകാറുള്ളത് ഇത്രയും ഞാൻ പറഞ്ഞു ഇതിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇപ്പൊ പറയുന്നു ഇവിടെ അതുകൊണ്ട് പഴയ ശാസ്ത്രങ്ങളല്ല ഇന്നത്തെ ശാസ്ത്രങ്ങൾ ഇവിടുത്തെ നിയമവ്യവസ്ഥ തന്നെയാണ് ഇവിടെ ശാസ്ത്രം അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ഓരോ മനുഷ്യരും ബാധ്യസ്ഥ ചിലപ്പോൾ നമ്മളതിലെക്കും ംഘിച്ചാൽ അതിൻ്റെ ശിക്ഷയും നമ്മൾ കാണും പിന്നെ നിയമവ്യവസ്ഥ അതെപ്പോഴും പരിഷ്കരിക്കപ്പെടേണ്ടതാണ് അത് മനുഷ്യൻ അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇനി അത് മനുഷ്യനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും പരിഷ്കരിച്ചുകൊണ്ടേയിരിക്കുന്നു അത് പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു ലോകത്തുള്ള അങ്ങനെ നമ്മുടെ രാജ്യത്തുള്ള എല്ലാവരും കുറിച്ച് നമ്മൾ നിയമവ്യവസ്ഥ പാലിക്കണമെന്ന് ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ആണെന്ന് പറയുകയോ എന്തെങ്കിലും അങ്ങനെ ആകുമെന്ന് പറയുകയോ അതൊന്നും അല്ല ചെയ്യുന്നു ഞാൻ ഈ പറയുന്ന ധാർമ്മികർ എന്ന് പറയുന്ന നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികളെ കുറിച്ചാണ് പറയുന്നത് അല്ലാതെ ലോകത്തിൻ്റെ അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ലോകത്തെ ഏതെല്ലാം തരത്തിൽ നന്മ ചെയ്യുന്നവരും നന്മ ചെയ്യുന്നവരും അക്രമികളും കള്ളം പിടിച്ചു വരുന്നവർ എല്ലാ ലോകത്തുണ്ട് അതിനെക്കുറിച്ച് അല്ലേ പറയും അതിനെക്കുറിച്ച് ബോധമില്ലാതെ ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണെന്നാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത് അല്ല മഹാഭാരത രാമായണവും അല്ല ഇന്നത്തെ ശാസ്ത്രം അതിന്റെ ധർമ്മമല്ല ഇന്നും മനുഷ്യൻ പാലിക്കുകയുള്ളൂ ഇന്നത്തെ ധർമ്മം എന്ന് പറയുന്ന പൗരധർമ്മം ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഏത് രാജ്യത്തെ ഓരോ വ്യക്തിയും അനുസ്റ്റീകം നിയമവ്യവസ്ഥ അതിന് വിധേയമായി ജീവിക്കുകയാണുള്ള അത് അപ്പം അവിടെ കർമ്മം ഇങ്ങനെ തീരുമാനിക്കുന്നു ഇവിടെ പഴയതുപോലെയല്ല വിധിയല്ല കർമ്മം എന്ന് പറയുന്നത് തീരുമാനിക്കുന്നു ഇവിടെ കർമ്മം എന്ന് പറയുന്നത് മനുഷ്യന് കഴിയുമെങ്കിൽ ചേർക്കും അവന്റെ യോഗ്യതയും അവന്റെ കഴിവും എല്ലാം അനുസരിച്ച് അവന്റെ തെരഞ്ഞെടുപ്പുകളാണ് അവന്റെ കർമ്മം അതിന് നിയമവിധേയമായി തോന്നുകയോ അതാണ് ഇന്നത്തെ കർമ്മം അതിന്റെ ഈ പറയുന്ന ശാസ്ത്രം തസ്മാശാസ്ത്രം പ്രമാണത്തെ അത് ഇന്നത്തെ കാലം വേണ്ടി ബന്ധമുണ്ടോ അത് നോക്കി ആർക്കും കർമ്മം ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് മനുഷ്യൻ കൂടുതൽ ിൽ കൂടുതൽ അവസരങ്ങളുള്ള അതുകൊണ്ട് പഴയ ധർമ്മത്തെക്കുറിച്ചുള്ള ചർച്ചയായാലും ശരി ഇന്നത്തെ ധർമ്മത്തെക്കുറിച്ചുള്ള ചർച്ചയായാലും ശരി നമ്മൾ രണ്ടു കാര്യത്തിലും നമ്മൾ നമ്മൾ ഒന്ന് പരിഷ്കരിക്കും എന്നിട്ട് എന്നിട്ട് പരിഷ്കരിക്കുന്നു മറ്റാരെങ്കിലും കുറ്റം കണ്ടുപിടിക്കാനല്ല നമ്മുടെ എല്ലാം പോരായ്മകളും മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പോരായ്മകളുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കാൻ വേണ്ടി തിരുത്താൻ പറ്റുമെങ്കിൽ ത്ര ഉച്ഛാസ്ത്രം അനർത്ഥമായ പണ്ടു ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് പഴയകാലത്ത് എന്താണോ ശാസ്ത്ര വിരുദ്ധമായും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ രീതിയിൽ അത് ശരിയല്ലായിരിക്കും പക്ഷെ അന്നത് ശരിയായി ഭക്ഷണ മന്ത്രമോ അനർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് രാജകന്മാരി കൃഷി നിയമത്തെ ഉല്ലംഘിക്കണം ശിക്ഷ വാങ്ങാതെ ഉല്ലംഘിക്കുന്നു ഇങ്ങനെ ചെയ്യണം ആ നിയമലംഘനങ്ങളെല്ലാം രഹസ്യമായി ചെയ്യും പരസ്യമായി ചെയ്യാൻ പറ്റും ചെയ്ത് അതിന്റെ രാജാവ് ശിക്ഷ അതാണ് അലർട്ട് നമ്മളെ പിന്നെ പറഞ്ഞല്ലോ നമുക്ക് നിയമങ്ങളെ ഉല്ലംഘിക്കാതെ ഒന്നും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല പറയുന്നത് ശരിയാണ് നമ്മള് നമ്മുടെ ജീവിതത്തിൽ വലുതെന്ന് കരു കരുതുന്ന ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നിയമങ്ങളെ അലംഘിക്കുന്നത് നമ്മൾ വലുതെന്ന് കരുതുന്ന ചെറിയ നേട്ടം നമ്മളതാണ് വലുതെന്ന് കരുത് അപ്പോ നമ്മൾ വരുന്ന നിന്ന് വരുന്ന ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ നിയമങ്ങളെ ലംഘിക്കുമ്പോൾ അനർത്ഥത്തിന് വേണ്ടി തന്നെയാണ് അത് പരമാർത്ഥത്തിന് ഉതകത്തില്ല എന്നാണ് ഇവിടെ പറയുന്നത് പരമാർത്ഥവേ ശാസ്ത്രം ഇവിടെ പരമാർത്ഥം എന്ന് പറയുന്ന ആത്യന്തികമായ മുക്തിയെ കുറിച്ചാണ് പറയുന്നത് ആ മുക്തിക്ക് വേണ്ടി എന്താണ് ശാസ്ത്ര അനുസാരിയായ കർമ്മം തന്നെ ചെയ്യുന്നത് ഏത് കാലത്തും നിയമവിരുദ്ധമായ ഒരു പ്രവർത്തിക്കും എന്തുകൊണ്ട് കർമ്മത്തിന്റെ ഫലം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ശാസ്ത്രത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ നിജത്തെ ശുദ്ധിയാണ് അപ്പം നല്ല പ്രവൃത്തി ഉള്ള മനസ്സിന് ശുദ്ധിയുണ്ടാകും നല്ല ശുദ്ധിയുണ്ടെങ്കിലല്ലേ നല്ല പ്രവൃത്തി ചെയ്യാൻ പറ്റും അപ്പോൾ കർമ്മവും ശുദ്ധിയും പരസ്പരം ബന്ധപ്പെട്ടാണ് നല്ല പ്രവൃത്തി ചെയ്ത മനസ്സിന് ശുദ്ധിയുണ്ടാകും ശുദ്ധിയുണ്ടാകുമ്പോൾ അങ്ങനെ നല്ല പ്രവൃത്തി ഇത് പരസ്പര പൂരകമായും പുരോഗമിക്കേണ്ട കാര്യമാണ് അപ്പൊ പിന്നെ നമുക്ക് അനർത്ഥങ്ങൾ എങ്ങനെ പ്രവർത്തിക്കാം അപ്പം നമ്മൾ എന്തെങ്കിലും നമ്മൾ എന്താണോ അനർത്ഥങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വലുതാണെന്ന് കരുതുന്ന ചെറിയ കാര്യങ്ങൾ പരമാർത്ഥത്തിന് വേണ്ടി അല്ലാന്ന് ഇതാണ് ഈ പറയുന്നത് പഴയതും പുതിയതും കൂടെ ചേർത്ത് ഞാൻ പറയുന്നത് കാരണം ഇന്ന് ഇതൊക്കെ വ്യാഖ്യാനിക്കുമ്പം കാലോചിതമായി വ്യാഖ്യാനിക്കണമെന്നാണല്ലോ പറയുന്നത് ഞാൻ പറയുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടാവും കാലോചിതമായി പറഞ്ഞിട്ട് കുടിക്കിട്ടുന്നുണ്ടാവില്ല ഉണ്ടോ ഏ നമ്മളിവി ലഭിച്ചിട്ട് കൈകാര്യമില്ല നമ്മൾ എന്താണ് ഇന്നത്തെ ധർമ്മം ആണ് നമ്മൾ ജീവിതത്തിൽ പുലർത്തുന്നതെങ്കിൽ അത് പരമാർത്ഥത്തിന് ഉപകരിക്കാവുന്നേ ഉള്ളൂ വേറെ കാര്യമുള്ളൂ അല്ലെങ്കിൽ അത് ഉപകരിക്കത്തില്ല എത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ സൗഭാഗ്യം എന്ന് പറയുന്നത് നമ്മളെവിടെ കാണണം നമ്മളെ സമ്പാദ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ എന്തൊക്കെ ബാഹ്യമായിട്ട് അതിനെയാണ് ആധ്യാത്മികം എന്ന് പറയുന്നത് ആത്മീയം എന്ന് പറയുന്നത് ആത്മാവിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആത്മാവിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന എന്താണ് നമ്മുടെ മനസ്സാണ് എന്താ പുറമെ ഉള്ള സമ്പാദ്യങ്ങളുണ്ട് ഉള്ളിലെ സമ്പാദ്യം ആത്മീയ സമ്പാദ്യം ആധ്യാത്മിക സമ്പാദ്യം അതാണ് വലുത് ഒരാത്മീയ വിജ്ഞാസുവിനെ സംബന്ധിച്ചല്ലെങ്കിൽ ആത്മീയ സാധനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സമ്പാദ്യം അവരുടെ ഉള്ളിലുള്ള സമ്പാദ്യം തന്നെയാണ് അത് കഴിഞ്ഞ് മറ്റു സമ്പാദ്യം വേണ്ടതല്ല മറ്റതൊക്കെ ഭൗതികമായ ആവശ്യമുള്ളതെല്ലാം വേണ്ടുന്നുണ്ട് തിരസ്കരിക്കുക എന്നുള്ള ധാർമ്മികതയെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മുടെ സമ്പാദ്യം എന്ന് പറയും നമ്മുടെ ആന്തരിക അവിടെ അത് പരമാർത്ഥമായി നമ്മുടെ ധർമ്മത്തിൽ നിന്നും നമ്മുടെ പ്രവൃത്തിയിൽ നിന്നാണ് അത് ധാർമ്മികമായി പോയ പറ്റും ലോകം മുഴുവൻ എന്താണ് മോശമായി പോകുന്നു അതുകൊണ്ട് ഞാനും അങ്ങനെയൊക്കെ പോവും എന്ന് പറയുന്ന എന്തെങ്കിലും യുക്തിയുണ്ട് ഞാനും ഈ ലോകം ജീവിക്കുന്ന പോലെയാണോ നമ്മൾ ജീവിക്കുന്നത് ആണോ ഈ ലോകത്തിൻ്റെ വേഷമാണോ നമ്മൾ ധരിച്ചിരിക്കുന്നത് ആണോ ഈ ലോകരെല്ലാം ജീവിക്കുന്ന സ്ഥലത്താണോ നമ്മൾ ജീവിക്കുന്നത് ലോകം ഈ ലോകരെല്ലാം പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതാണോ നമ്മൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് ഇതൊക്കെ വ്യത്യസ്തമാണെങ്കിൽ വേഷം കൊണ്ടും ആകാരം കൊണ്ടും എല്ലാം കൊണ്ടും നമ്മൾ വ്യത്യസ്തരാണെങ്കിൽ എന്താണോ പ്രവൃത്തി കൊണ്ടും ഈ ലോകരിൽ നിന്നും നമ്മൾ വ്യത്യസ്തമായിരിക്കും ഒരു സംശയമില്ല ഇപ്പൊ ബാക്കിയെല്ലാ കാര്യത്തിലും നമ്മൾ ലോകരിൽ നിന്ന് വ്യത്യസ്തരാണ് നമ്മളെ ലോകരെല്ലാം നമ്മളെ സ്വാമി എന്ന് വിളിക്കണം അതൊക്കെ നമുക്ക് നിർബന്ധമാകും നമ്മളെ ബഹുമാനിക്കണം നമ്മളെ വേഷം പക്ഷെ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ എന്താ പറയുന്നത് ലോകരെല്ലാവരും പ്രവർത്തിക്കുന്ന പോലെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റും ഞങ്ങളെങ്ങനെ മാറും എന്ന് പറയുന്നതിന് എന്തെങ്കിലും അർത്ഥം മാറാൻ ഒന്ന് നിർബന്ധിതരാണ് അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യണം നമ്മളീ വേഷപ്പകർച്ചയെല്ലാം കളഞ്ഞിട്ട് നമ്മളെല്ലോരോലും ജീവിക്കണം എന്താവണം നമുക്കിതിനെ പ്രത്യേകിച്ച് ഒരു ഐഡന്റിറ്റി അതിന്റെ ആവശ്യപ്പെട്ടു ആർക്കും കൊള്ളുന്നുണ്ടും ഉണ്ടാക്കും ഞാനിതിനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ച ഈ ജീവിതം മുഴുവൻ ഇതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചാൽ ജീവിച്ചു അല്ലാതെ ഈ ലോകത്തിന്റെ മതിഭ്രമങ്ങളിലും എങ്ങനെ ഭ്രമിച്ചു ഒന്ന് ജീവിച്ച ലോകത്തിന്റെ ഒരു പകുട്ടിലും ഭ്രമിച്ചിട്ടുണ്ട് ജീവിച്ചു കേൾക്കാം കേൾക്കാം അത് ഒരു വലിയൊരു പ്രാധാന്യമുണ്ട് അതാണിപ്പോ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശരിയല്ലെന്ന് ഞാൻ പറയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നൈസർഗികമായ സ്വാഭാവികവുമായ എന്തോ ജല ഘടകങ്ങൾ അതിന് നമ്മളിന്ന് വലുതായ സ്വാധീനമുണ്ട് ഉണ്ടെന്ന് തന്നെയാണ് അതിലൊരു സംശയം ഏ നല്ലത് ശരി ശരി ഇന്നവരെ സംഗീതം പ്രഭാഷണം നടത്തുന്നില്ല നടത്താൻ പാടില്ലെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ നടത്തുന്നില്ലെന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് നടത്താം ഞാൻ പറയുന്നത് ഞാൻ എന്തുകൊണ്ട് നടത്തുന്നില്ല എന്നുള്ളതിന് കാരണമാ ഞാൻ പറഞ്ഞു നിങ്ങൾ നടത്തുന്നു നടത്തുന്നില്ല എന്നുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത് അത് മനസ്സിലായില്ലേ ഞാൻ സമൂഹത്തോട് പറയില്ല നിങ്ങളോട് പറയാം കാരണം നിങ്ങള് ഞാൻ നിങ്ങളോട് പറയുന്നത് ആ പറഞ്ഞുതരം അപ്പം അല്പം അപ്പം ക്ഷമയോടുകൂടി കേക്ക് ഞാൻ നിങ്ങളോട് പറയുന്നത് എപ്പോഴും ഇന്നുവരെ പറഞ്ഞിട്ടുള്ളൂ മനസ്സിലായി ഞാൻ ഇന്നുവരെയും പറഞ്ഞിട്ടുള്ളത് എന്താണ് നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യാം പ്രവർത്തിക്കാം മനസ്സിലായത് ഞാൻ പറയുന്നത് ഈ ശാസ്ത്രത്തിന് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ അല്ലാതെ ഇതുവരെ മാറി പറഞ്ഞിട്ടുണ്ട് ഞാൻ ശാസ്ത്രങ്ങൾ എന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾക്ക് വിശദീകരിച്ചതാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഇന്നതാണ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ എന്ത് പ്രവർത്തിക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾ പ്രവർത്തിക്കണമെന്നാണ് ഇതാണ് ഞാൻ പറയുന്നത് മനസ്സിലായത് അപ്പൊ എനിക്ക് സമൂഹത്തിൽ പോയിട്ട് സമൂഹത്തിന്റെ മുമ്പ് ചെന്ന് നിങ്ങളെല്ലാം ഇന്ന രീതി പ്രവർത്തിക്കണം എന്ന് എനിക്ക് ബോധിപ്പിക്കാൻ പറ്റിയില്ലെന്ന് ഞാൻ പറയും അത് ഞാൻ ബോധിപ്പിക്കാത്ത അതുകൊണ്ടാണ് പിന്നെ ഇവിടെ ഒന്ന് ഇത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഇതിൻ്റെ തൊഴിലായി കാണുന്നതെന്ന് ഞാൻ പഠിച്ച ഒരു പണി അത് ഞാൻ ചെയ്യും മനസ്സിലായത് അത് ഞാൻ ഇപ്പോഴും പറയാറുണ്ടല്ലോ എന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ എനിക്കൊരു സംശയമില്ല ആ അത് ചെയ്യാം ധർമ്മം പ്രചരിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ധർമ്മം പ്രചരിപ്പിക്കുമ്പോൾ എന്താണ് ആ അത് ഞാൻ പറഞ്ഞ കാര്യങ്ങളും വീണ്ടും അത് ആവർത്തിക്കേണ്ട കാര്യമില്ല അത് തന്നെ അതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് വീണ്ടും അത് ആവർത്തിക്കേണ്ട കാര്യമില്ല നമ്മൾ ധർമ്മം പ്രചരിപ്പിക്കുമ്പോഴേ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ കാര്യം എന്താണെന്ന് എനിക്കും സംശയം ഞാൻ ഒരിക്കലും നിങ്ങൾ ചെയ്യരുതെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ ചെയ്യണം ചെയ്യുക ചെയ്യാതിരിക്കുക അപ്പം നിങ്ങളെ ഇഷ്ടം ഏത് കാര്യവും ഞാൻ ആരും ഒന്നും ഉദ്ബോധിപ്പിക്കാറില്ല ഞാൻ പറയുന്ന എന്താണ് ഇന്നത്തെ ശാസ്ത്രമായാലും പഴയ ശാസ്ത്രമായാലും ഇതിനെ കഴിഞ്ഞ് വെച്ചിരിക്കുന്ന എന്താണ് അതെനിക്ക് ബോധ്യമാവുന്നത് ശരി തെറ്റുകളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ധർമ്മം നമ്മള് സമൂഹത്തെ ബോധിപ്പിക്കുമ്പോ നമ്മള് എന്തൊക്കെ പാലിക്കണം എന്നുള്ള കാര്യം ഞാൻ പറയുന്നതൊന്നേ ഉള്ളൂ അതുകൂടി ഞാൻ പറയും അതും ഇവിടെയാണ് എന്ന് പറയുന്നു എന്ന് ഇവിടെ അതും ഇനി പറയുന്നതല്ല ശാസ്ത്രങ്ങളിൽ പറയുന്നത് പഴയകാലത്ത് ധർമ്മം പ്രചരിപ്പിക്കുന്നവർ പറയുന്നത് ശിഷ്ടന്മാരെന്നാ ശിഷ്ടന്മാരെന്നാ പറയുന്നത് അപ്പോ ശിഷ്ടന്മാർക്ക് ധർമ്മം പ്രചരിപ്പിക്കാം അത് ദോഷമില്ല അപ്പോ നമ്മള് അതിന്റെ അശിഷ്ട വ്യവഹാരം എന്തെങ്കിലും സംഭവിച്ചു അതിനെ ന്യായീകരിക്കുന്നതിനുള്ള യുക്തികൾ കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ ശിഷ്ടന്മാരാകരുതെന്നേ ഞാൻ പറയുന്നുള്ളൂ അതിൽ കൂടുതലും ഞാൻ പറഞ്ഞു മനസ്സിലായോ ഇത്ര ഞാൻ പറഞ്ഞു അതിനോട് നിങ്ങൾ യോജിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നു അതൊരു തർക്ക വിഷയമുണ്ട് അപ്പോ അശിഷ്ട വ്യവഹാരം എന്ന് പറയുന്നത് പറയണത് ഞങ്ങളുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അല്ല ഞങ്ങളുടെ ദൗർബല്യം കൊണ്ട് ചില അശിഷ്ട വ്യവഹാരങ്ങളുണ്ടെങ്കിൽ നമ്മൾ ധർമ്മപ്രചരണത്തിൽ ഇറങ്ങുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുണ്ടെങ്കിൽ ഇറങ്ങാം ഇതാണ് ഞാൻ പറയുന്നത് ഇത്രയും ഞാൻ പറയുന്നു ഏത് കാലത്തും ധർമ്മത്തെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രചരിപ്പിച്ചത് നമ്മള് സമൂഹത്തെ എന്താണ് നേർ വഴിക്ക് നയിക്കുന്നു എന്നൊക്കെ നമ്മൾ കരുതുമ്പം നമ്മൾ സ്വയം ഇന്നത്തെ ചുറ്റുപാടുകളിൽ നമുക്കൊരു ബാധ്യത വരും നേർ വഴിക്കൽ നടന്നുകൊണ്ട് സമൂഹത്തെ നേർവഴിക്ക് നയിക്കാം ഒരു ബാധ്യത നമ്മൾ ഈ വന്നുചേരുന്നതാണ് നമ്മൾ സമൂഹത്തെ നേർവഴിക്ക് നയിക്കാൻ ശ്രമിച്ചില്ലെങ്കിലും അങ്ങനെ ഒരു ബാധ്യത നമുക്ക് വരുന്നില്ല പിന്നെ നമ്മുടെ നമുക്കൊരു മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ജീവിക്കുക അത്രേയുള്ളൂ നമ്മളൊരു സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നത് ഒരധ്യാപകൻ ക്ലാസ്സിലിരുന്ന് കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നു ഒരുപാട് വ്യത്യാസം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് സമൂഹ നിയമങ്ങളുണ്ടെങ്കിലും സമൂഹത്തിൽ അതാരും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് പറഞ്ഞത് അല്ല അവിടെ വരുന്നതേ പത്രവാർത്തകളല്ലേ ഇപ്പൊ ഒരു കുട്ടി കൺസക്ഷൻ ഇല്ലാതെ പിന്നെ വണ്ടി ഇല്ലാതെ വണ്ടി കയറി അത് അപ്പോ അവിടെ നിന്നെയാണ് ആ കുട്ടിയോട് എങ്ങനെ പെരുമാറി എന്നുള്ളതും നമുക്കറിയത്തില്ല അത് അവിടെ വിഷയം ഇത് മാത്രമാണോ അതിൽ കൂടുതലുണ്ടായിരുന്നോന്ന് നമുക്കറിയത്തില്ല നമുക്ക് നമ്മള് പത്രവാർത്ത തന്നെ കാണുന്നു ശരിക്കും അവിടെ എന്താ സംഭവിച്ചത് അയാള് അവമരിയാതെ പെരുമാറി പെരുമാറിയാൽ തന്നെ അയാളെ ശിക്ഷിക്കാൻ സമൂഹത്തിന് അവകാശമുണ്ട് അതന്നെ വന്നാക്രമിക്കുന്നു തെറ്റാണത് അങ്ങനെ ആക്രമിക്കുന്നു അത് തന്നെ സമൂഹം നമുക്ക് സമൂഹത്തിൽ നിയമലംഘനം ധാരാളം നടക്കുന്നുണ്ട് അതെല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരി പലപ്പോഴും അവര് രക്ഷപ്പെടുന്നുണ്ട് ജലം സിക്ഷിക്കുന്നുണ്ട് അതൊക്കെ എല്ലാവർക്കും നമുക്കറിയാം കാര്യമാണ് ഞാൻ പറയുന്ന അങ്ങനെയല്ല ധർമ്മ പ്രബോധനത്തിന്റെ കാര്യം ധർമ്മപ്രബോധനം നമ്മൾ നടത്തുമ്പോൾ നമ്മള് ധർമ്മത്തെ പാലിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ വേറെ അബദ്ധമൊന്നും പറഞ്ഞില്ല കേട്ടില്ല കേക്കും അതില്ലാതെ പറഞ്ഞാ കേക്കും അത് ഭയങ്കര മുഴക്കം അതില്ലാതെ പറഞ്ഞാൽ അത് വലിയ മുഴക്കം ആ ഉം അത് ഞാൻ ഗാന്ധിജിയുടെ ഉദാഹരണം പറഞ്ഞിട്ടില്ല ഈ വിഷയം തുടങ്ങുന്നത് മറന്നുപോയോ അല്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അത് അതും ഞാൻ ഈ പറയുന്നതുപോലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം ഞാൻ പറഞ്ഞു ആകാര്യം കേട്ടില്ല അത് മനസ്സിലായില്ല ആ വ്യത്യാസം മനസ്സിലായില്ല ഞാൻ പറഞ്ഞു ഗാന്ധിജിയുടെ സമരം വേറെയാണ് ഞാൻ ഈ പറയുന്ന വിഷയം വേറെയാണെന്ന് കാരണം കേൾക്കുന്നവരെ മനസ്സിലാക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടാവും എനിക്കും അറിയാം ഇത് രണ്ടും തമ്മിലെന്താ വ്യത്യാസം ആരെങ്കിലും മനസിലാക്കില്ല ഞാൻ പറയുന്ന വിഷയവും ഗാന്ധിജിയുടെ സമരവും തമ്മിൽ എന്താ വ്യത്യാസം ആ അതായത് നമ്മൾ എന്താണ് നിങ്ങൾ ഒരു രാജ്യത്തിന്റെ പോരനാണെങ്കിൽ എന്താണ് നമ്മൾ ആ രാജ്യത്തിന്റെ നിയമങ്ങളനുസരിക്കാൻ ബാധ്യസ്ഥരാണ് നിയമം ലംഘിച്ചുകഴിഞ്ഞാൽ നമ്മൾ ശിക്ഷയ്ക്കും അർഹരാണ് മറ്റത് സംഗതി അതല്ല അന്നത്തെ ചുറ്റുപാടുകൾ വേറെയാണ് അത് വിദേശാധിപത്യമാണ് ഇവിടെ നടക്കുന്ന സ്വാതന്ത്ര്യ സമരമാണ് അപ്പൊ ഇവിടെ അങ്ങനെ നമ്മുടെ ജനാധിപത്യ സമൂഹം എന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങളെ അംഗീകരിക്കുന്ന സമൂഹമാണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്ന സമൂഹമാണ് ഇവിടുത്തെ നിയമങ്ങളൊക്കെ അതിനടിസ്ഥാനമായിട്ടുണ്ടാക്കിട്ടുള്ള അപ്പോ ഇവിടുത്തെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പൗരന്മാരെന്നുള്ള നമ്മളത് അംഗീകരിക്കേണ്ടതാണ് കാരണം അത് അംഗീകരിക്കുമ്പോൾ അതിനെ നമുക്ക് ലംഘിക്കാൻ അവകാശമുണ്ട് അല്ലെങ്കിൽ പിന്നെ ആർക്കും എന്ത് ലംഘിച്ച് നിയമിക്കാം അപ്പോ അതിനെ നമ്മൾ ലംഘിക്കുമ്പോൾ മനുഷ്യ സാറിന് ലംഘിക്കാറുള്ളൂ ഞാനും നിങ്ങൾ നോക്ക് അവിടെ അടുത്ത് വരുന്ന ഒരു പ്രശ്നമാണ് നമ്മളെന്താണ് ഇപ്പോ ഒരു സാധാരണ മനുഷ്യൻ ഒരു നിയമലംഘനം നടത്തും ഒരു നീതിപാലകനും നിയമലംഘനം നടത്തി കഴിഞ്ഞാൽ അത് വളരെ ഗുരുതരമാണ് ഒരു എന്താണ് ക്രമസംരക്ഷണ ക്രമസമാധാന സംരക്ഷണ ചുമതലയുള്ള ഒരു എന്താണ് പോലീസ് ആ നിയമലംഘനം നടത്തി വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഒരു ന്യായാധിപൻ അത് ലംഘിച്ചു കഴിഞ്ഞാൽ അത് ഗുരുതരമായ പ്രശ്നം അതുപോലെ ഗുരുതരമായൊരു പ്രശ്നമുണ്ടെന്നാണ് ധാർമ്മികമായ ഉദ്ബോധനങ്ങൾ നടത്തുന്നവർ ധർമ്മത്തെ ലംഘിച്ചു കഴിഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞോളൂ അത് വേറെ ഭാഗത്തേക്ക് ഒന്ന് കൊണ്ടുപോകേണ്ട കാര്യമാണ് അപ്പോ നമ്മൾ ശരി നമ്മൾ നിസ്സഹായരായി പറയു നിയമത്തെ നമുക്ക് ജീവിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ആ നിയമലംഘനത്തിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങാനും നമ്മൾ തയ്യാറാകണമെന്നാണ് ഞാൻ പറഞ്ഞത് ഇത്രേ പറയോ അതിനും നമ്മൾ തയ്യാറായി ഇത് ഇവിടുത്തെ നിയമവ്യവസ്ഥയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിന്നുകൊണ്ട് എന്താണ് ധാർമ്മിക പ്രബോധനത്തെ നമ്മൾ മനസ്സിലാക്കണമെന്നാണ് ഞാൻ അത് എന്തുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് വിളിച്ചുകഴിഞ്ഞാൽ അല്ല നിങ്ങൾ പഴയ ധർമ്മശാസ്ത്രങ്ങളും അത് വിളിച്ചാണ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ നമുക്ക് ധർമ്മപ്രബോധനം സമൂഹത്തിനോട് എങ്ങനെയും നടത്താം മറിച്ച് നമ്മുടെ വ്യക്തിജീവിതത്തിൽ നമുക്ക് നിയമലംഘനങ്ങളും എങ്ങനെയും നടത്താം എന്നുള്ളൊരു ധാരണ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറഞ്ഞത് അങ്ങനെ ഒരിത് വരാൻ പാടില്ല എന്തുകൊണ്ടത് നമ്മുടെ നിയമവ്യവസ്ഥ ഇന്നത്തെ നിയമവ്യവസ്ഥയല്ല അതിന് കേവലം എന്താണോ യുക്തിവാദം കൊണ്ട് നേരിടാൻ പറ്റില്ല നിയമവ്യവസ്ഥ യുക്തി ഉള്ളതിന് നമുക്ക് നിഷേധിക്കേണ്ട നമ്മള് എന്താണോ നമുക്ക് നിയമത്തെ ലംഘിക്കാം നമ്മൾ ചിലപ്പോൾ നിയമം ലഭിച്ചു അതിനാണെങ്കിൽ നമ്മളതിനെ ശിക്ഷ സ്വീകരിക്കാൻ തയ്യാറായി അല്ല നമ്മള് നിയമത്തെ ലംഘിക്കുന്നു നിയമലംഘനത്തിന് നമ്മൾ രഹസ്യമായി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ധർമ്മ പ്രബോധരാകാനുള്ള റൈറ്റ് ഇല്ലെന്നാണ് ഞാൻ പറയുന്നത് ഇപ്പൊ മനസ്സിലായു വ്യക്തമായി വ്യക്തമാണെങ്കിൽ കുറെ കൂടെയൊക്കെ ചിന്തിക്കേണ്ടി വരും അല്ലെങ്കിൽ എന്ത് വരും ഇപ്പോഴിച്ചിട്ടെങ്കിലും ഒരു പത്ത് ഒരു പതിനഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സിനിമ സിനിമ സിനിമ വാങ്ങുവാൻ ഞാൻ കണ്ട എല്ലാ സിനിമകളും മനസിലായി ഏകദേശം സന്യാസി വന്നിട്ടുണ്ടെങ്കിൽ അയാളെ വില്ലനായിട്ടാണ് കാണിക്കുന്നത് അങ്ങനെ അല്ലാത്തൊരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് സ്വാമിമാർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇത്രയും ഞാൻ പറഞ്ഞു ഇന്നും അങ്ങനെ തന്നെയാണ് ഈ അടുത്ത കാലം സിനിമയിൽ സ്വാമി വന്നിരിക്കുന്ന ആരായിട്ട് ഭിന്നന എന്താ സ്വാമിമാർക്ക് വേറെ വേഷം കെട്ടിപിടിക്കും അങ്ങനെ യുക്തികൾ ഉപയോഗിച്ചിട്ട് നമ്മള് സമൂഹം എങ്ങനെ കാണുന്നുണ്ടാകും എന്തുകൊണ്ട് സമൂഹത്തിന് ഇങ്ങനെ കാഴ്ചപ്പാടുക നമ്മൾക്ക് ഇതിനെക്കുറിച്ച് ബോധം കഴിഞ്ഞ എന്തുകൊണ്ട് സംഭവം ബാക്കി ചിന്തിച്ച് മനസ്സിലായി അല്ല എന്നോട് തർക്കിച്ചിട്ടും ഒരിടത്തും എത്താൻ